സിദ്ധ സിന്ദി ഗീശ്വര സങ്ക Om narai naraya sri narayana sri naraya sri naraya suprabhata सर्वं तजला निदी शांोपास कर्म योगे तथा इत भवदी ീത മനോമയ പ്രാണശരീലോ ഭാരൂപസ്പസാത്മാർക്കമരസം കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞ് കറുത്തൊന്നും കുറവിക്ക കറുത്ത ഭക്ഷണർത്ഥം പറഞ്ഞ നിശ്ചയം കറുത്തവിന് യാഗവും അർത്ഥമുണ്ടോ എന്റെ അർത്ഥം നിശ്ചയമൊന്നും നിശ്ചയം എന്തിനു വേണ്ടി ശാന്തമായി ഉപാസിക്കണം അതിനുവേണ്ടി വക്രത്വം എങ്ങനെയായിരിക്കണം അതിനുവേണ്ടിയാണ് ഇവിടെ പറഞ്ഞത് മനോമയ പ്രാണശരീര ഭാരൂപ സത്യസങ്കൽപ്പ സത്യവിധ സങ്കല്പ സ്വയം സത്യസങ്കല്പ അങ്ങനെ ബ്രഹ്മത്തെ ധ്യാനിക്കണം സത്യസങ്കൽപനാരാണോ സത്യമായ സങ്കല്പങ്ങളോടുകൂടി അവൻ അവനെ ധ്യാനിക്കുന്നതുകൊണ്ട് ജീവൻ ജീവന് സങ്കല്പങ്ങളുണ്ട് ജീവന്റെ സങ്കല്പങ്ങൾ ഒന്നും സത്യമാകാറില്ല സത്യസങ്കല്പം എന്ന് പറയുമ്പോൾ സങ്കല്പം അതുപോലെ സംഭവിക്കുന്ന ഫലം അതുപോലെ ഉണ്ടാകും ജീവൻ വ്യർത്ഥ സങ്കല്പത്തോടുകൂടിയവനാണ് അതുകൊണ്ട് പറയുന്നു ആ സത്യസങ്കല്പനായി ധ്യാനിക്കണം ആ ബ്രഹ്മം സത്യസങ്കല്പന യഥാ സംസാരണ അനേകാന്തിക ഫലാത് വിശദീകരിക്കുന്നു സങ്കല്പ ഈശ്വര ഈശ്വരന്റെ സങ്കല്പ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം ജീവന്റെ കർമ്മങ്ങളെ കുറിച്ചുള്ള സങ്കല്പം അതാണ് ഈശ്വരീയ നിയമം എന്ന് പറയുന്നത് അതാണ് ഈശ്വരന്റെ സങ്കല്പം അതനുസരിച്ചാണ് പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത് സൃഷ്ടിയും സ്ഥിതിയും കുറിച്ച് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പക്ഷെ നാശത്തെ ഉറവി നോക്ക് സത്യസങ്കല്പു മനസ്സിലാക്കാൻ പ്രയാസമില്ല കാരണം ജീവൻ ഇഷ്ടപ്പെടാത്ത നാശം സൃഷ്ടി സ്ഥിതി ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഇഷ്ടവിയോഗരത്തിലുള്ള നാശം അത് തനിക്കിഷ്ടപ്പെടാത്തത് അതെങ്ങനെ ഈശ്വരന്റെ സങ്കല്പമാവും ഈ നാശങ്ങളെല്ലാം എങ്ങനെ സംഭവിക്കും നാശത്തെ താൻ ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല പക്ഷെ അത് ഇഷ്ടവിയോഗ അതിനോട് അതിൽ ദുഃഖം തോന്നുന്നു അല്ലേ ശത്രുവിന്റെ നാശത്തിൽ ഒരാൾ സന്തോഷിക്കും നാശം ഇഷ്ടപ്പെടാത്തതല്ല ഇഷ്ടവിയോഗമാണെങ്കിൽ അത് ുഖം തോന്നി അപ്പോ നാശം എന്തിനു ഈശ്വരൻ ഈശ്വരനുണ്ടെങ്കിൽ നാശം സംഭവിക്കുമോ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ ഇത് സൃഷ്ടിയും സ്ത്രീയും പോലെ തന്നെ നാശവും സത്യസങ്കല്പനാണ് നശിക്കേണ്ടതെല്ലാം നശിക്കേണ്ട സമയത്ത് നശിച്ച പെട്ട ജീവൻറേതുപോലെയല്ല ജീവന്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഫലം ഉണ്ടാകുന്നത് ഈശ്വരനെ സംബന്ധിച്ച് ഫലത്തിന് സങ്കല്പം മാത്രം മതിയൂഢ സങ്കല്പ മിഥ്യം ജീവന്റെ സങ്കല്പമാണെങ്കിലും അനടത്തം സങ്കല്പങ്ങളാണ് മിഥ്യാഫലത്വേതുന പ്രത്യൂഢത്വ സത്യഫലം ഉണ്ടാകുന്നില്ല അതാണ് നല്ലടക്കം നല്ലത് സങ്കല്പങ്ങൾക്കൊന്നും ഉണ്ടാകുന്നുണ്ട് ജീവൻ സങ്കല്പിക്കുന്നു നടക്കുന്നുണ്ട് സങ്കല്പിക്കുന്നു തന്റെ അനുകൂല പ്രതികൂലങ്ങളോ അല്ലെങ്കിൽ അന്യന്റെ അനുകൂല പ്രതികൂലങ്ങളോ ഒന്നും തന്റെ സങ്കല്പം കൊണ്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് സങ്കല്പസ്യ മിഥ്യാഫലത്വം പക്ഷേ അനുദയനീ പ്രത്യൂഢാഹ അനുദത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അടുത്ത് പറയോ ജീവനും അനുദത്താൽ ആച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയും അനുദത്തിൽ പൊതിഞ്ഞതാണ് ജീവഭാവം അന്ന് കാരണം തന്നെ അജ്ഞതയാണ് അജ്ഞാനകാര്യമായ കാരണങ്ങളാണ് അവനുള്ളത് അതിൽപ്പെടുന്നാണ് മനസ്സ് മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ അതങ്ങനെ സത്യമാകും ജീവൻ്റെ സങ്കല്പങ്ങൾ സത്യഫലത്തെ കൊടുക്കുന്നില്ല ഈശ്വരൻ അങ്ങനെയല്ല അങ്ങനെ ഈശ്വരനെ ഉപാസിക്കണം സത്യസങ്കല്പനായി ആകാശാത്മാ ആകാശിസ ആകാശാത്മ ഇതെല്ലാം ജീവനിൽ നിന്നും മേർട്ട് കാണിക്കുകയാണ് ജീവൻ തന്നെ പരിച്ഛിന്നനായി ഈ ശരീരം ബോധം പരമാവധി ശരീരം രത്നിക്കും അതിനപ്പുറം ബോധത്തിന് വ്യാപ്തിയില്ല ഇന്നെന്താണ് ആകാശീവ് ആത്മ ആ ഈശ്വരന്റെ സ്വരൂപം ആകാശത്തെ പോലെയാണ് സിക്കണമെങ്കിൽ ധ്യാനിക്കണമെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും വിശിഷ്ടമായ കൽപ്പനകൾ വേണം എന്ന് ധ്യാനിക്കാൻ പറ്റും പറഞ്ഞല്ലോ ജീവനിൽ സഹജമായിരിക്കുന്ന കല്പനകൾ അത് അണ്ടതത്താൽ ആഭരണം ചെയ്തിരിക്കുകയാണ് ജീവന് തന്റെ സ്വരൂപത്തെ കുറിച്ചുള്ള സങ്കല്പ്പും പരിച്ഛനമാണ് ശരീരത്തിൽ നിൽക്കും അതിനപ്പുറം പോകട്ടുണ്ട് തത്വത്തെ മനസ്സിലാക്കിയാൽ പോകുന്നു ജീവബോധ ശരീരത്തിൽ ഒതുങ്ങത്തേയുള്ളു ഇതാണ് അനുദിന അന്നുദം കൊണ്ടാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അതിന്റെ സ്വരൂപം സച്ചിദാനന്ദോ നല്ല ധരിച്ച ഒരുവനും അവന്റെ സങ്കല്പത്തിൽ ഈ താൻ ഇത് ഈ ശരീരത്തോടു കൂടി ഇതിനനുസരിച്ചിട്ടാണ് അവൻ്റെ എല്ലാ കൽപ്പനകളും ഭാവനകളും എല്ലാം മറിച്ച് അവൻ ധ്യാനിക്കേണ്ടത് ഏത് ആകാശമാണ് ആകാശം പോലെയുള്ള സ്വരൂപം സർവവ്യാപകമായ അവന് ധ്യാനിക്കുന്നു ഇതുപാസന അങ്ങനെ ധ്യാനിക്കുന്നു അല്ലാതെ പെട്ടെന്ന് ഈ ശരീരത്തിൽ ഇങ്ങനെ ദൃഢമായ താൻ പരമാത്മാവാണ് എന്നൊരാൾക്ക് അനുഭവപ്പെടുത്താൻ കഴിയില്ല ഈ ഉപാസന കൂടെ ആകാശം പോലെ സർവവ്യാപകമാണ് പരിച്ഛന്നമല്ല എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ പറയുന്നത് സർവകദത്വം സർവവ്യാപകമാണ് ജീവനങ്ങളിലും ഞാൻ പോകുന്നു ഞാൻ വരുന്നു ഈ വ്യവഹാരങ്ങളെല്ലാം ശരീര ബോധത്തെ ആശ്രയിച്ചിട്ടാണ് ഞാൻ ഇന്ന സ്ഥലത്തായിരുന്നു ഞാൻ അവിടെ ഇന്ന സ്ഥലത്ത് വന്നു ഞാൻ ഇന്ന സ്ഥലത്തിരിക്കുന്നു ഈ ബോധം ബോധത്തില്ല സർവകഥനാണെങ്കിൽ ഈ ബോധം വരത്തില്ല ഞാൻ അവിടെ ഇവിടെ വന്നു ശരീരമല്ലേ വന്നു താനും പക്ഷെ സ്വാനുഭവത്തിൽ ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് ഈ കൽപ്പനകളല്ല പരമാർത്ഥം എന്താണ് സർവഗതം സർവവ്യാപിയായിരിക്കുന്നു അപ്പം എങ്ങനെ സഞ്ചരിക്കാൻ പറ്റും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എങ്ങനെ പോകാൻ കഴിയും പക്ഷെ പോകുന്ന ഒന്നാണ് അനുഭവം അതാണ് ശരീരബോധത്തിൽ തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാലും ശരീരബോധത്തിനാണ് എല്ലാ വ്യവഹാരവും ആ ശരീരബോധത്തെ ഇല്ലാതാക്കുന്നതിന് പറഞ്ഞ് സർവകഥൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നു അവിടെ പോക്ക് വരവില്ല എന്തുകൊണ്ട് അത് വ്യക്തമാകുന്നില്ല സൂക്ഷ്മത്വം അതുസൂക്ഷ്മാണ് ആ സ്ഥൂലമായ ശരീര ഉറച്ചിരിക്കുന്നു അത് ശീലിച്ചുപോയി എന്നത് വിട്ടിട്ട് ഉപാസന കൂടാതെ ആ സൂക്ഷ്മതയിലെത്താൻ കഴിയില്ല അതാണ് വൈദിക ഉപാസനകൾക്ക് പ്രാധാന്യം ഉപാസ്യാ കൂടിയേ തീരുന്നത് എന്ന് പറയുന്നത് കൊണ്ടാണ് സൂക്ഷ്മത്വം ഒരു ഉപാധിഹീനത്വം ശരീരമാണെങ്കിലും ഒരു ഉപാധികളോട് കൂടിയതാണ് ശബ്ദസ്പർശ രൂപഗന്ധങ്ങളോട് കൂടിയതാണ് ഈ ശരീരം പഞ്ചഭൂതാത്മകമാണ് ഇതിൽ ബുദ്ധി പറച്ചുപോയി അതുകൊണ്ട് എല്ലാ വ്യവഹാരങ്ങളും ഇതിനെ ആശ്രയിച്ചിട്ടാണ് ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് ഉപാസകനാണെങ്കിലോ ഒരു ഉപാധിഹീനമായ ആ തത്വത്തെയാണ് ധ്യാനിക്കുന്നത് ആകാശ തുല്യതാണ് ആകാശ തുല്യം എന്ന് പറഞ്ഞത് ഈശ്വരൻ അങ്ങനെയുള്ള ഈശ്വരനെ ധ്യാനിക്കുന്നു സർവകർമ്മ സർവം വിശ്വരേന ക്രിയതേ ഇത് ജഗത് സർവം കർമാസ്യസ്വ സർവകർമ്മ ജഗത്തിനെ സൃഷ്ടിക്കുന്നതാണ് ഈശ്വരൻ സർവപ്രപഞ്ചത്തെയും ജീവൻ സ്വയം പരിച്ഛിന്നനായി അനുഭവപ്പെടുന്നു അസ്വതന്ത്രനായി അസമർത്ഥനായി സ്വയം അനുഭവപ്പെടുന്നു അവിടെ പറയുന്നു എന്താണ് സർവകർമാവായ ഈശ്വരനെ ധ്യാനിക്കുക സി സർവസ്വർത്ത ഇതി ശ്രുതി ശ്രുതി എന്ന് പറയുന്നത് സർവത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് സർവത്തിനോട് സൃഷ്ടികർത്താവുകൊണ്ട് സർവകാമ സർവേ കാമ ദോഷരഹിതാമഹ സർവകാമങ്ങളും അവിടെ വിശേഷിച്ച് പറയുന്നു ദോഷരഹിതമായ കാമങ്ങളും അതെന്തുകൊണ്ട് പറഞ്ഞു ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ആ ജീവഭാവത്തെ ജീവന്റെ കാമങ്ങൾ ജീവകാമങ്ങൾ ദോഷങ്ങളുള്ളതാണ് നല്ലതെന്ന് വരുന്ന കാമങ്ങൾക്ക് പോലും ദോഷഫലം ഉണ്ടാകും പരിണാമത്തിൽ ദുഃഖത്തെ ഉണ്ടാകുന്നതാണ് ദോഷം സർവകാമങ്ങളും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കും കാമും അതെനിക്കുണ്ട് എന്നെ പോലെയുള്ള കാമങ്ങളുള്ളവനാണ് ഈശ്വരൻ പിന്നെന്താ ഞാനും ഈശ്വരൻ എന്ന വ്യത്യാസം വ്യത്യാസ ഇതാണ് സൃഷ്ടിസ്ഥിതി സംഹാരത്തിനുള്ള സങ്കല്പങ്ങൾ അതാണ് ഈശ്വരന്റെ കാമെന്ന് പറയുന്നത് അത് ദോഷരഹിതമാണ് ഈശ്വരനത് സുഖ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നില്ല ജീവന്റെ കാമങ്ങളും സുഖ ദുഃഖങ്ങളുണ്ടാക്കുന്നുണ്ട് അത് ജീവകാമന അല്ലാന്ന് കാണിക്കാൻ ഭക്ഷ്യകാരം വ്യാഖ്യാനിച്ച് ദോഷരഹിത ശരി സ്മൃതേഹ ഇതിയെ കുറിച്ച് പറയുന്നിടത്തെ ഭാഷകാലം പറയുന്നതാണ് ഇതി സ്മൃതേഹി എന്ന സ്മൃതി ഗീത നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞു ഇങ്ങനെ ഭാഷകാലം പറയാറുണ്ട് സ്മൃതേഹിത് സ്മൃതിയാണ് ശ്രുതിയല്ല നടക്കും നമ്മളവിടെ വിശദീകരിച്ചിട്ടുന്ന കാമോസ്മി ആ കാമം ഞാനാണോ എന്ന് പറഞ്ഞു അതിൻ്റെ താല്പര്യം എന്താണ് ഞാൻ കാമെന്ന് പറഞ്ഞാൽ പറയുന്നു കാമോസ്മി പച്ചനാധിക സംഭവതി സർവ്വകാമ സർവേ കാമ യരഹ എന്ന് പറയും ബഹരിയായി എല്ലാ കാമങ്ങളും ഉള്ളവൻ ഏതൊരുവനാണോ അവൻ മറിച്ച് സർവകാമ എന്ന് തത്പുരുഷൻ്റെ അടുത്തു കഴിഞ്ഞാൽ അവൻ സർവകാമസ്വരൂപനാണോ എന്ന് പറഞ്ഞു ഇവിടെ ഏതാർത്ഥത്തെ സ്വീകരിക്കണം ഈ സന്ദർഭത്തിൽ തത്പുരുഷൻ സ്വീകരിക്കാൻ പാടില്ല ഗൗരിവ്യത്വ ശബ്ദാധിപത് പാരാർത്ഥി പ്രസംഗ ഞാൻ കാമമാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാമം കർത്തവ്യമാണ് ജീവൻ സൃഷ്ടിക്കുന്ന പിന്നെ പാരതന്ത്ര്യം വരുന്നു അതിന് ജീവനാധീനമാണ് കാമൻ ആ കാമനാണ് ഈശ്വരൻ എന്നു വരും അതല്ല മറിച്ച് സർവകാമങ്ങളുള്ള ഏതൊരുവനാണോ അവൻ സിഷ്ടസ്ഥിതി സങ്കല്പങ്ങൾക്ക് ഉടയവനായിരിക്കുന്നവൻ തസ്മന്ത് യഥായോ സർവകാമീതി ബൗരീഹി തഥാ കാമാമീതി സ്മൃതിയർക്കോ വാച്ചു അതുകൊണ്ട് സർവ്വ കാമ എന്നുള്ള ദൗഗ്രീഹി അർത്ഥം എല്ലാ കാമങ്ങൾക്കും അധീശനായിരിക്കുന്നവൻ ഈ അർത്ഥത്തെ വേണം ഗീതയിലും മനസ്സിലാക്കാൻ കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം കാമം എന്നുള്ളതല്ല കാരണം അതൊരു ഗുണമാണ് ജീവൻ അധീനമായ കാര്യമാണ് അത് മറ്റൊന്നിനു വേണ്ടിയിട്ടാണ് പാരാർത്ഥ്യം കാമം ഫലത്തിന് വേണ്ടിയാണ് പല ദോഷങ്ങളും അതുകൊണ്ട് അങ്ങനെ കാമം തന്നെ ഈശ്വരനും നടക്കരുത് മറിച്ച് കാമത്തിന് അധീശൻ അങ്ങനെ എടുക്കണം എന്നാണ് സർവഗന്ധ സർവേഗന്ധ സുഖകല അസ്യ സ്വയം സർവഗന്ധ പുണ്യോ ഗന്ധ പ്രതിവിയാം എല്ലാം ഗീതയുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് സർവേഗന്ധ അപ് പറഞ്ഞതുപോലെ സുഖകരമായ ഗന്ധങ്ങൾ സ്വയം സർവഗന്ധ കഥാരസ അഭി വിജ്ഞയ സർവരസവും അവനാണ് അങ്ങനെ പറയുമ്പോൾ ജീവന് പ്രതികൂലമായിരിക്കുന്നത് ജീവന ദുഃഖത്തെ ഉണ്ടാക്കുന്നത് അതിനെയൊക്കെ സ്വീകരിക്കണോ വേണ്ട എന്തുകൊണ്ട് ഈശ്വരൻ സ്വയം ആനന്ദ സ്വരൂപനാണ് അപ്പൊ ഈശ്വരനീയമായ ഒന്നും തന്നെ ജീവന് പ്രതികൂലമാണ് ജീവന് പ്രതികൂലമായി കാണുന്ന എന്തൊക്കെയോ അതൊന്നും ഇവിടെ ചേർക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ജീവന്റെ തന്നെ സൃഷ്ടിയാണ് ഈശ്വരഭാവനയിൽ ജീവന് പ്രതികൂലമായിട്ടൊന്നും തന്നെ ജീവന് പ്രതികൂലമായി അവന്റെ അനുഭവത്തിൽ പലതുകൊണ്ട് അത് അവന്റെ തന്നെ സൃഷ്ടിയാണ് കല്പനകളാണ് അപുണ്യഗന്ധരസഗൃഹസ്യ പത്മസംബന്ധ നിമിത്ത അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചത് ജീവന് പ്രതികൂലമായി വരുന്ന എന്തായാലും എന്ത് വിഷയങ്ങളായാലും ഗന്ധമോ രസമോ എല്ലാം അതവന് ദുഃഖത്തെ ഉണ്ടാക്കുന്നു ദുഃഖത്തിന് കാരണം എന്താണ് പാപം അവന്റെ പാപം അവന്റെ പാപം നിമിത്തമായി സംഭവിക്കുന്നതാണ് ദുഃഖത്തിന് കാരണമായി വരുന്ന വിഷയങ്ങൾ അതൊന്നും ഈശ്വരീതി എന്താ ജീവഭാവങ്ങളാണ് ഈശ്വരഭാവം വേറെ ജീവഭാവം വേറെ ജീവഭാവത്തെ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ആ സുഖ ദുഃഖങ്ങളെല്ലാം അവൻ അവന് പ്രത്യേകിച്ച് ഉപാസിക്കുന്ന കൊണ്ട് ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു അത് മാറ്റി ഈശ്വരഭാവങ്ങൾ ഉപാസിക്കുക അപ്പൊ ഇതിനേക്ക് ഒഴിവാക്കും തസ്മാന ഉഭയം ജഗ്രഹതിജ പാത്മനാശേഷൻ പാപബദ്ധനാണ് ജീവൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഉഭയം ജഗ്രഹതി സുരഭിജ ദുർഗന്ധിജ പറയുന്നു അവൻ സുഗന്ധവും ദുർഗന്ധവും അനുഭവപ്പെടുന്നു മധുരവും കയ്പവും അനുഭവപ്പെടുന്നു നല്ലതും ചീത്ത അനുഭവപ്പെടുന്നു എല്ലാം ജീവന്റെ പ്രത്യേകതകളാണ് അത് പ്രതികൂലമായി ദുഃഖമായി അവൻ അനുഭവപ്പെടുന്ന അവന്റെ പാപത്തിന്റെ ഫലമാണ് ആത്യന്തികമായി അവന്റെ പാപം തന്നെയാണ് ആ ദുഃഖത്തിന് കാരണമായി തീരുന്നത് അതുകൊണ്ട് ഇതൊന്നും ഈശ്വരനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കരുത് എന്തുകൊണ്ട് ഈശ്വരൻ ആനന്ദ സ്വരൂപനാണ് അപ്പം ആ ഈശ്വരനെ ധ്യാനിക്കുന്നവന് ആനന്ദകരമായ പുണ്യകരമായ ഫലങ്ങളെ ഉണ്ടാകത്തുള്ളൂ പറയും ഈശ്വരനെ ധ്യാനിക്കുന്നവർക്കുണ്ടല്ലോ ദുഃഖങ്ങൾ അത് ശരിയാണ് ഈശ്വന ധ്യാനിക്കുന്നവർക്ക് ദുഃഖമുണ്ട് അത് അവന്റെ പാപത്തിന്റെ ഫലമാണ് അവൻ ദുഃഖമായി അനുഭവിക്കുന്നത് അതവന്റെ ധ്യാനത്തിന്റെ ഫലമല്ല അങ്ങനെ നൈത്രിക സാധനകൾ ചെയ്തു പക്ഷെ എനിക്ക് ഫലം ദുഃഖമാണ് ദുഃഖത്തിൽ കരകയറാൻ പറ്റുന്നില്ല ദുഃഖം സാധനയുടെ ഫലമല്ല അതവന്റെ പാപത്തിന്റെ ഫലം എന്റെ സാധനകൾ ഫലത്തെ കൊടുക്കുന്നതിന് ഈ പാപം തന്നെ തടസ്സമായിരിക്കുന്നു എന്നിട്ട് ആ പാപം തന്നെ അതിന്റെ ഫലത്തെ കൊടുക്കുന്നു അ ദുഃഖത്തെ അനുസരിക്കുന്നു എന്നോട് ഇവിടെ പറയുന്നു ഈശ്വരനെ ധ്യാനിക്കേണ്ടത് ഈശ്വരീയമായ ഗുണങ്ങളോടുകൂടിയായിരിക്കണം ജീവഗുണങ്ങളോടുകൂടിയായിരിക്കരുത് ത്മസംസർഗം ഈശ്വര ഈശ്വരനാ പാപസംസർഗമില്ല ജീവൻ അതുകൊണ്ട് അതുകൊണ്ട് അവന് ദുഃഖമുണ്ട് ആ ദുഃഖത്തെ ഒഴിവാക്കുന്നതിന് ആ പാപസംസർഗം പാപബന്ധമില്ലാത്ത ഈശ്വരനെ ധ്യാനിക്കുന്നു അപ്പോ ആ പാപത്തിന്റെ ശക്തി കുറയ്ക്കുമ്പോൾ ഈശ്വരധ്യാനം പാപബന്ധനത്തെ കുറയ്ക്കുമ്പോൾ അതെ കുറയ്ക്കുന്നതിന് സഹായിക്കും അവന് ദുഃഖത്തിൽ നിന്ന് മോചനമുണ്ടാകുന്നു ഈശ്വരീയ ഗുണങ്ങളെ ധ്യാനിക്കുന്നതിന്റെ ഫലം ആനന്ദം അവനനുഭവിക്കാൻ കഴിയും പക്ഷെ അതിന് ഉപാസന ഇവന്റെ പാപശക്തിയെ ശിഥിലമാക്കണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം അത് ഉപാസന കൊണ്ട് സാധിക്കും അത് കഴിയാതിരിക്കുന്നിടത്തോളം കാലം ഉപാസനയ്ക്ക് ശക്തിയില്ലാതെ വരുമ്പോൾ ഈശ്വരീയ ഗുണങ്ങളെ ഉപാസിച്ചാലും ശരി പാപഫലത്തെ അവന് അനുഭവിക്കേണ്ട കഷ്ടപ്പാടുകൾ എന്തുകൊണ്ട് അവൻ ആ ജീവഭാവത്തിന് കാരണമായിരിക്കുന്ന അവിദ്യ രാഗദ്വേഷങ്ങളെല്ലാം അവനിരിക്കുന്നു ഈശ്വരനതില്ല അവിദ്യാദി ദോഷ അനുപത്തെ ജീവനിലുള്ള ദോഷങ്ങൾ ഈശ്വരനില്ല ജീവനിലുള്ള ദോഷഫലമായി അവൻ ദ്വന്ദങ്ങളെ അനുഭവിക്കുന്നു ആ ദോഷങ്ങളില്ലാത്ത ഈശ്വര സ്വരൂപത്തെ അവൻ ധ്യാനിക്കുന്നു അതിന്റെ ഫലമായി അവൻ ആനന്ദത്തെ അനുഭവിക്കുന്നു सर्वम सर्वम सर्वद जगद्याद्याख्यनादर अभ्या नूरना व्या कर्तरी अभ्या निष्ठा प्रत्येक കർത്തരി കർമ്മി എല്ലാം നിഷ്ഠാപ്രത്യം ഇവിടെ കർത്തരിയാണ് കർത്തരർത്ഥത്തിൽ തത്തവത് നിഷ്ഠ രണ്ടും പ്രത്യേക നിഷ്ഠി നിഷ്ഠാപ്രത്യമാണ് വ്യാകരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ് അത് ധാതു വ്യാപ്തി അർത്ഥമാണോ അതിൽ കർത്തരി നിഷ്ഠാപ്രത്യം വന്നു കഴിഞ്ഞാൽ അഭി വി അത്രയും അതാണ് അഭിവ്യാപ്ത അഭിമുഖം വരുന്നു അഭിവ്യാപ്തീശ്വരനാൽ അഭിവ്യാപ്തമായിരിക്കുന്നു എന്തുകൊണ്ടാണോ പറയുന്നതിന് വാക്കെന്ന് പറയുന്നു പറയുന്നു നമ്മൾ ലൗകിക ഭാഷയിൽ വാക്കെന്ന് പറയുന്നു വേദത്തിൽ വാക്കഹ എന്ന് പറയുന്നു അങ്ങനെ ആ ശബ്ദത്തിന്റെ വിൽപ്പത്തി പറയാം ആ ശബ്ദം രൂപപ്പെടുന്ന നിയമാനാണ് വിൽപ്പത്തി എന്ന് പറയുന്നത് അർത്ഥസഹിതമായ നിയമം യഥേർ ഖനന്ത അല്ലെങ്കിൽ വചു ഖനന്താണ് കരണാധിക ഖഞ്ഞുപ്രതി കരണാധികരണർത്ഥത്തിലുള്ള ഖഞ്ഞുപ്രതി കർണാർത്ഥത്തിൽ വാഗശബ്ദം വരുന്നു വിദ്യത്തെ സവാക്കി വാക്കി അവാക്കി ആരിലാണോ ഈ വാക്കുള്ളത് വാക്കെന്ന് പറയുന്നത് എന്താ വാഗിന്ദ്രിയും ഏതൊന്നുകൊണ്ടാണോ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത് അതാണോ വാക്ക് വാഗം വാക്കുള്ള ജീവൻ അവാക്കി ഈശ്വരൻ വാക് പ്രതിഷേധം അത്ര ഉപലക്ഷണാർത്ഥ ഈശ്വരന് വാക്കില്ല എന്ന് പറഞ്ഞാ എന്താ അങ്ങനെ പറഞ്ഞു ഈശ്വരന് കണ്ണില്ലേ മൂക്കില്ലേ ഇതൊക്കെ പറയാമല്ലോ പറയുന്നു ഇത് ഉപലക്ഷണമായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉപലക്ഷണമായി പറയുമ്പോ ഏതെന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനെ ഗ്രഹിക്കണം അതുമായി ബന്ധപ്പെട്ടതെല്ലാം ഗ്രഹിക്കും ആ വാകി വാക്കില്ല കണ്ണില്ല മൂക്കില്ല കൈ ഇല്ല കാലില്ല ഇതെല്ലാം ഗ്രഹിച്ചോളു ഗന്ധാതിഗ്രഹണായ ഇവിടെ ഗന്ധം രസം എന്നെല്ലാം പറഞ്ഞല്ലോ സർവോന് പുണ്യോ ഗന്ധപ്രതിവ്യം ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് എന്താണ് പ്രാപ്താനി ഘാണാധീനീ കരണ ഈശ്വരനും കരണങ്ങളുണ്ട് എന്ന് നമ്മൾ ധരിച്ചു ബന്ധാധിഗ്രഹനായ ബന്ധങ്ങളെ മറ്റും ഗ്രഹിക്കാൻ വേണ്ടി മനുഷ്യന്റെ ഭാവന അതില് ഈശ്വരന് രൂപം കൊടുക്കുന്നത് മനുഷ്യന്റെ ഭാവന മനുഷ്യനുള്ളതുപോലെ കണ്ടും മൂക്കും ചെവിയും എല്ലാം ഉള്ള ഈശ്വരനെ സങ്കല്പിക്കുന്നതിന്റെ രൂപം കൊടുക്കുന്നു ും തൻ്റെ പോലെയുള്ള കയ്യും കാലം എല്ലാ തന്നെ പോലെ ഈശ്വരൻ നടക്കുന്നു കണ്ണുണ്ട് മൂക്കണ്ടും ഇതെല്ലാം ജീവന്റെ സങ്കല്പങ്ങളാണ് സങ്കല്പത്തിൽ ജീവൻ ഈശ്വരന് രൂപം കൊടുക്കുന്നു അവർക്കും നിഷേധിക്കുന്നു എങ്ങനെ വാക്കി വാക്കിനെ നിഷേധിച്ചപ്പോൾ എല്ലാത്തിനും നിഷേധിച്ചു വാക് പ്രതിഷേധ പ്രതിഷേധി അതൊന്നുമില്ല ഈശ്വരൻ്റെ ശരീരമില്ല കണ്ണില്ല മൂക്കില്ല ചെവിയില്ല രൂപമില്ല നാമമില്ല അതാണ് ഈശ്വരൻ അതിനെല്ലാം കൂടെ നിഷേധിക്കുന്നു എങ്ങനെ പാണിപാതു ജവനോ ഗൃഹീത പശിത്യചക്ഷു സശ്നോത്യകർണ ഇത്യാദി മന്ത്രവർണ്ണമാണ് നമ്മൾ ചർച്ച ചെയ്തതാണ് കയ്യില്ല കാലില്ല എന്നാണ് സഞ്ചരിക്കുന്നുണ്ട് കൈയില്ലാതെ പഠിക്കുന്നുണ്ട് കാലില്ലാതെ സഞ്ചരിക്കുന്നു പശുത്യജക്ഷോ കണ്ണില്ലാതെ കാണുന്നു സഷണു ത്യകർണ്ണ ചെവിയില്ലാതെ കേൾക്കുന്നു അതാണ് ഈശ്വരനെ കുറിച്ചുള്ള ധ്യാന സങ്കല്പങ്ങൾ മറിച്ചാണെങ്കിൽ അത് ജീവഭാവമായിപ്പോവും ഇത്യാദി മന്ത്ര ആത്മാവിനെ ധ്യാനിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ധ്യാനിക്കണമെന്നാണ് ആത്മാവെന്ന് പറഞ്ഞാൽ താൻ സ്വയം തന്നെ തന്നെ ധ്യാനിക്കുക തന്നെ ധ്യാനിക്കുമ്പോൾ ഇതോടുകൂടിയേ ധ്യാനിക്കാൻ പറ്റും പെണ്ണും ചെവിയും മൂപ്പുമുള്ള തന്നെ ഇതെനിക്ക് പരിചയമുണ്ട് മനസ്സും സങ്കല്പങ്ങളും എല്ലാമാണ് അപ്പോൾ അതിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് ഈശ്വരധ്യാനമാകത്തില്ല അപ്പോൾ അതിനെ പൂർണ്ണമായും നിഷേധിക്കും ഈശ്വരീയ ഭാവത്തിൽ തന്നെ ധ്യാനിക്കുക നവാക്കി ഒരിന്ദ്രിയത്തിൽ നിഷേധിച്ചപ്പോൾ സർവ്വ ഇന്ദ്രിയങ്ങളെയും നിഷേധിച്ചു അനാദര അസംഭ്ര അനാദരഹ അങ്ങനെ ഈശ്വരനെ കുറിച്ച് അതിന് ഭാഷകാലം അസംഭ്ര സംഭ്രമില്ലാത്തവൻ സംഭ്രമ സർ നമ്മൾ പറയുന്നത് സംഭ്രമം തന്നെ അപ്രതീക്ഷമായ ഒന്ന് പ്രാപ്തമാകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വികാരം അതാണ് സംഭ്രമം പ്രതീക്ഷിക്കാത്ത ഒന്ന് മുമ്പ് വരുമ്പോൾ സംഭ്രമിച്ചു പോയി ഏത് വിഷയമാണെന്ന് ബാക്കിയമായ വസ്തുക്കളോ ശബ്ദസ്പ്രശരുപരിസഗന്ധാതി വിഷയങ്ങളോ ഏതായിരുന്നു അത് മുൻകൂട്ടി കണക്ക് കൂട്ടാതെ തന്റെ മുമ്പിൽ വരുന്നു അപ്രാപ്തപ്രാപ്ത ഈ സംഭവം അപ്രാപ്തമായ പ്രാപ്തമാകുമ്പോൾ വരുന്ന സംഭവം അതുകൊണ്ട് സൂചിപ്പിക്കുന്ന ആ വിക്ഷേപങ്ങളാണ് ജീവനുണ്ട് അവൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നു മനസ്സുകൊണ്ട് ഭാവനകൾ ചെയ്യുന്നു ഇതെല്ലാം വികൽപ്പങ്ങളാണ് മാനസികവികല്പങ്ങൾ അനാപ്ത കാമസ്യ അനാപ്ത കാമനായ ജീവനിലിതുണ്ടാവും നിരന്തരം ആ സംഭ്രമത്തിന് അടിമയായി ആശ്ചര്യം സംഭ്രമ എല്ലാത്തിനും ആശ്ചര്യമാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു പ്രപഞ്ചം എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഈ ബന്ധം സംഭവിക്കുന്നു എങ്ങനെ മോക്ഷം സംഭവിക്കുന്നു സർവത്ര അവനെ സംബന്ധിച്ച് ആശ്ചര്യമാണ് അത് ചിത്രസമാധാനത്തെ ഇല്ലാതാക്കുന്ന ആശ്ചര്യം മനസ്സിൽ ഇവിടെ എന്താണ് ശാന്തോപാസിക ശാന്തനായി ഉപാസിക്കുന്നു ഈ സംരംഭങ്ങളുള്ളതിന് ശാന്തി അത് സാധ്യമല്ല നമ്മൾ ഗീത കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്തതാണ് ശാന്തിയാണ് ഉപാസനയ്ക്ക് മുഖ്യം അത് പലർക്കും ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള കാര്യമാണ് ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നതാണ് ഉപാസനയ്ക്ക് കൂടിയ ഉപാസന എന്ന് പറയുമ്പോൾ ധ്യാനം ഉപാസന പലതരത്തിലുണ്ട് പക്ഷെ ഇവിടെ പറയുന്നത് ഈശ്വരധ്യാനത്തെയാണ് ഉപാസന ഇവിടെ ശാന്തി ഉണ്ടായാലും പറ്റും മനസ്സിന് സ്വയം അശാന്തമാക്കി മനുഷ്യൻ ശാന്തമാവാൻ ശ്രമിക്കും അത് സംഭവിക്കാറുണ്ട് അതൊന്നും ഉപാസനയല്ല ഇവിടെ പറയുന്ന ഉപാസനയുണ്ട് ഈശ്വരധ്യാനത്തിൽ അതിന്റെ भक्ति, उत्तम भक्ति ग्रूण्भक् चल अगर संभव उत्तम भक्ति ईश्वरध्यान अवेर मनसुख संभव क യും ഭക്തി കൊണ്ട് ഞാൻ അസ്വസ്ഥനാണ് ഭക്തിയുടെ തകരാറല്ല തന്റെ തവരാറാണ് തൻ സ്വതേ അസ്വസ്ഥനാണ് അപ്പൊ തന്നിലേക്ക് ഭക്തി വന്നാൽ അതുകൊണ്ട് അസ്വസ്ഥനാവും അല്ലാതെ ഭക്തിക്ക് എങ്ങനെയൊരു സ്വഭാവമുണ്ട് അതിന് ചെല്ലു പറയും വ്യാകുല ഭക്തിയാണ് വ്യാകുലത മനസ്സിന് അതും മനസ്സിന്റെ തീവ്രതയാണ് തീവ്ര സംവിധാനം ആസന്ന അതും നമ്മൾ ധരിക്കുന്ന തരത്തിലല്ല സംഭ്രമ ഇവിടെ പറയുന്നില്ല സംഭ്രമെന്ന് പറയുന്നൊരു വിഭ്രാന്തിയാണ് ആപ്തകാമത്വ നിത്യതൃപ്ത സംഭ്രമി ഈശ്വരൻ പരിപൂർണനാണ് നിത്യതൃപ്തനാണ് അവിടുത്തെ ആനന്ദത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട് പിന്നെ അവിടെ എങ്ങനെ സംരമുണ്ടാകും അപ്രാപ്തപ്രാപ്തിയിൽ നിന്ന് ജീവനുണ്ടാകുന്ന സംരംഭങ്ങൾ അതവിടെ ഉണ്ടാവും അത്തരത്തിൽ ഉള്ള മനസ്സിൻ്റെ ഇളക്കങ്ങളൊക്കെ ജീവനിലേ ഉള്ളു ഈശ്വരൻ ഉണ്ട് കൊച്ചുത്തൊരിക്കലും അങ്ങനെ സംഭവിക്കുന്നുണ്ട പരിപൂർണനായ ഈശ്വരനെ ധ്യാനിക്കുന്നു അവനും ആ പരിപൂർണത ഒരു തരത്തിലുള്ള ന്യൂനതയും അവിടെ വരുന്നില്ല മനോമയപ്രാണശരീരോ ഭാരൂപ സത്യസങ്കൽപ ആകാശാത്മാ സർവകർമ്മ सर्व सर्व सर्व कामह, रसह, ോവാക്കദര യർദീയാൻ വൃഹേർവാ യാവാ या मत तंडुला आमा हृदय ध्यान पृथिव्या दिव्याभ्यथोक्तुण ഇവിടെ പറഞ്ഞല്ലോ സത്യസങ്കല്പനായ ഈശ്വരൻ സർവകാമനായ ഈശ്വരൻ മേമ ആത്മാ അതാണ് എന്റെ ആത്മാവായിരിക്കുന്നത് അന്തർഹൃദയേ ഹൃദയ പുണ്ഡരീകസ് അന്തർമധ്യേ ഹൃദയത്തിനുള്ളിൽ അത് തന്നെയാണ് എന്റെ ആത്മാവായിരിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ അവൻ സർവകഥനാണ് സർവവ്യാപിയാണ് ഏതത്വത്തെ പറയും അതന്നെ മമ എന്ന് പറയുന്ന എൻ്റെ ധ്യാനിക്കുന്നവൻ്റെ ഹൃദയത്തിൽ അതങ്ങനെ സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരൻ ധ്യാനിക്കുന്ന ശരീരം കൊണ്ട് പരിച്ഛന്നനായിരിക്കുന്ന ജീവന്റെ പരിച്ഛിന്നമായ ഹൃദയം അതിൻ്റെ ഉള്ളിൽ എങ്ങനെ വരും അണിയാൻ അണുതരോ വളരെ സൂക്ഷ്മമായിരിക്കുന്നു വ്യാപകവുമാണ് സൂക്ഷ്മമാണ് സൂക്ഷ്മമായതുകൊണ്ട് അതിന് ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കാൻ പറ്റും അണുവിനേക്കാളും അണുവാണോ എങ്ങനെ ബ്രിഹീർ വ യവാ അത്യന്ത സൂക്ഷ്മത്വ പ്രദർശനാർത്ഥം സൂക്ഷ്മതയെ മനസ്സിന് നേരിട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളൊരു സൂക്ഷ്മത്തെ ബോധിപ്പിക്കുന്നു ചില തോറിലെ അങ്കുഷ്ടമാത്രം പുരുഷന്തുരാത്മാ അങ്കുഷ്ടമാത്രനാണോ എന്നു പറഞ്ഞാൽ പുരുഷന് പെരുവിരലിന്റെ വലുപ്പം ഉണ്ടെന്നല്ല പക്ഷെ എനിക്കങ്ങനെ സങ്കല്പിക്കാം ചെറിയൊരു വസ്തുവിനെ സങ്കല്പിക്കുമ്പോൾ തനിക്ക് സദാപ്രത്യക്ഷമായിരിക്കുന്ന പെരുവിരൽ സങ്കല്പിക്കുക പിന്നെ അതിനും ചെറുത് അതിന് മൂന്ന് തന്നെ യവാത്മാ സർഷപാത്മാ ബ്രിഹേർവ അത് അങ്ങനെ പറയുന്നു ശ്യാമാകാത്മാ ശ്യാമാക തണ്ടുലാത്മ നെല്ല് യവം അതിനും ചെറുതാണ് തർഭപം അതിന് ചെറുതാണ് ചാമ എന്ന് പറയും മലയാളത്തിൽ ശ്യാമാക ചാമ അരി എന്നുള്ള പറയാ അതിന് ചെറുതായൊരു ധാന്യം അതിന്റെ അരി ശ്യാമാകത്തണ്ടല്ല അതി സൂക്ഷ്മമായിട്ടുള്ളു അങ്ങനെ ചിന്തിക്കുന്നു മനസ്സിന് നിന്ന് സൂക്ഷ്മത്തിലേക്കും സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മ തരത്തിലേക്ക് സൂക്ഷ്മത്തമത്തിലേക്കും ഉള്ളു ഉപാസന ഹൃദയത്തിൽ മനസ്സ് അതിസൂക്ഷ്മമായി സൂക്ഷ്മമായ തത്വത്തെ ധ്യാനിക്കുന്നു പരിച്ഛന്ന പരിണാമ അണിയാൻ ഇതേ അണുപരിണാമത്വം പ്രാപ്തം അങ്ങനെ അണുവിന്ന് ചിന്തിച്ചു പോയാൽ അണുവിലുമാണ് അണുവലുമാണ് അങ്ങനെ അണുവിലി ചെന്നു അത് പരിച്ഛിന്നമായ ഒരു പരിണാമമാണ് ഒരളവാണ് അണുവെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അണുവാണെന്ന് പറയുന്നവരുണ്ട് ചില ആത്മാവ് അണുവാണെന്ന് പറയുന്നു അവിടെ എത്തിച്ചേരാൻ പാടില്ല വീണ്ടും അതൊരു പരിമാണത്തിലെത്തിച്ചേരും ഒരളവിലെത്തിച്ചേരും ആത്മാവിന് ഒരളവുണ്ടെന്ന് പറയും അങ്ങനെ ഇതെല്ലാം കേട്ടിട്ടങ്ങനെ ആത്മാവിന് ശരിയായും പെരുവരുണ്ട് വലുപ്പമുള്ള ഒരു സാധനമാണെന്നൊക്കെ വിശ്വസിക്കുന്നവരും ധ്യാനിക്കുന്നവരുമുണ്ട് അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത് അങ്ങനെ ഒരു പരിമാണവും ഒരളവും ഈശ്വരന് ഒരിടത്തും കൽപ്പിക്കാൻ പാടില്ല ഹൃദയത്തിലായാലും പാടില്ല പ്രത്യേക ഒരളവുള്ള സാധനമല്ല ആശങ്ക തത്പ്രതിഷേധമായ ആരംഭതയെ അങ്ങനെ ചിന്തിക്കേണ്ട അതുകൊണ്ട് പറയുന്നു സേശാത്മാന്തർ ഹൃദയെ ജായാൻ പൃഥിവി അതുകൊണ്ട് അടുത്ത് പറയുന്നു ഈ കാണുന്ന വിശാലമായ പൃഥിവി അതിനെക്കാളും വലുതാണ് ി ജായാൻ അന്തരീക്ഷാ കാണുന്ന അന്തരീക്ഷത്തിനും വലുതാണ് വീണ്ടും എന്ത് ചെയ്യുന്നു മനസ്സിന് സ്ഥൂലത്തിൽ നിന്ന് സ്ഥൂലതരം സ്ഥൂലമോ അങ്ങനെ ഉണ്ടോ അപ്പൊ ഇവിടെ അണു എന്ന് പറഞ്ഞാലും ആകാശമെന്ന് പറഞ്ഞാലും താൽപ്പര്യം ഒന്നു ആകാശത്ത് നിഷേധിച്ചിട്ട് അണു എന്ന് പറയും അണുവിനെ നിഷേധിച്ചിട്ട് ആകാശമൊന്നു പറയും ജായാന് ദിവ ഈ കാണുന്ന അന്തരീക്ഷത്തിനുപരി കാണുന്ന യുദ്ധ ലോകം അതിലും വലുതാണു ജായാനിദ്ധ്യോ ലോകോ ഏതെല്ലാം ലോകങ്ങളെ സങ്കല്പിക്കാമോ അതിലും വലുതാണ് ആ ഈശ്വരസ്വരൂപം ഭാവന അനന്തതയാണ് ഇത് എത്തിച്ചേരുന്നതാണ് ഇവിടെ പറയുന്നത് അനന്തപരിമാണത്വം അനന്തമായ ഒരു അനന്തതയിലേക്ക് എത്തിച്ചേരും അണു എന്നും അനന്തം എന്നും പറയുന്ന ഒന്നു തന്നെ അനന്തം അണുവുമാണ് അണു അനന്തവുമാണ് രണ്ട് ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ളൂ ഏറ്റവും സൂക്ഷ്മമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അണു എന്ന് പറയുന്നു ഏറ്റവും വ്യാപകമാണെന്ന് കാണിക്കാൻ വേണ്ടി അനന്തമെന്ന് പറയുന്നു രണ്ടിന് താൽപ്പര്യം സൂക്ഷ്മമായിരുന്നത് അനന്തമായിരിക്കും അനന്തമായിരിക്കുന്നത് സൂക്ഷ്മവുമായിരിക്കും അതാണ് ഈശ്വരൻ്റെ സ്വരൂപം അതുകൊണ്ടത് ഹൃദയത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശരീരബോധത്തോടുകൂടി ചിന്തിച്ചതിന് ചെറുതായിക്കളും ഒരു പ്രത്യേക അളവിൽ കൽപ്പിക്കുക പ്രത്യേകിച്ച് അളവില്ലാത്തതാണ് അങ്ങനെ അതിനെ ഉപാസിക്കുക യേശം ആത്മാഅന്തർഹൃദയേയും സർഷപാവാ ശ്യമാക്കാവാ ശ്യമാക്കുലാവാദ്മാന്തഹൃദ്യാ പൃഥിതരിച്ചിഭ്യോ ലോക സർക്കാർ സർക്കാർ സർവന്ധരസമ അവാ്യനാദരമാത്മാന്തർഹൃദയ ഏതബ്രഹ്മാ ഏത പ്രേത്യ അഭിസംഭവിതീതി യുക്സീതി മനോമയോ ലോകേഭ്യൂന യഥോക്തണലക്ഷണ ഈശ്വരോധ്യോ തദ്വിശിഷ്ടവ മനോമയൻ തുടങ്ങി ഇവിടെ പറഞ്ഞല്ലോ ജായാനേഭ്യോ ലോകേഭ്യോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇത് എന്തേന യഥോക്ത ഗുണലക്ഷണം ഈ ഗുണങ്ങളോടുകൂടിയ ഈശ്വരൻ ദൈവനത്തു തദ്ഗുണവിശിഷ്ട ാണ് ധ്യാനിക്കേണ്ടത് എന്ന തദ്വിശിഷ്ട എന്ന് പറഞ്ഞാൽ താല്പര്യം പറയുന്നു യഥാ രാജപുരുഷം ആനയ ചിത്രകുംബേഷ്യാനെ രാജപുരുഷമാനു പറയുന്നു രാജപുരുഷൻ എന്ന് പറയുന്നു മന്ത്രി അല്ലെങ്കിൽ ദൂതൻ രാജാവിന്റെ പുരുഷൻ അപ്പോൾ പുരുഷനെ വിശേഷിപ്പിക്കുകയാണ് എന്ത് രാജാവിന്റെ രാജപുരുഷൻ കാണാൻ വന്നിരിക്കുന്നു ചക്രവർത്തിയെ കാണാൻ ലേട്ട് രാജാവിന്റെ പുരുഷൻ വന്നിരിക്കുന്നു അപ്പൊ ചക്രവർത്തി വൃത്തിയന്മാരോട് പറയുകയാണ് പോയി ആ രാജപുരുഷനെ കൊണ്ടുവരുക അടുത്ത രാജ്യത്തിലെ രാജാവിന്റെ പുരുഷനൂടെ വന്നിരിക്കുകയാണ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആരെയവിടെ കൊണ്ടുവരുന്നത് അടുത്ത രാജ്യത്തിലെ രാജാവിനെയും കൊണ്ടുവരുമോ പുരുഷനെ മാത്രം കൊണ്ടുവരു ആ വിശേഷണങ്ങൾക്കല്ല അവിടെ പ്രാധാന്യം അതാണ് പറഞ്ഞു തരുന്നത് മറിച്ച വ്യക്തിക്കാണ് അവിടെ വന്നിരിക്കുന്ന മന്ത്രിയോ ദൂതനോ അയാൾക്കാണ് പ്രാധാന്യം അയാൾക്ക് വിശേഷണമായി രാജശബ്ദം പ്രയോഗിച്ചു രാജപുരുഷ അതിന് പ്രാധാന്യമല്ല അതുപോലെ ചിത്ര എന്ന് പറയുന്നു ചിത്രവർണ്ണമുള്ള പശുവിനെ കൊണ്ടുവരാൻ പറഞ്ഞു ഇത്ര എന്ന് പറയുന്നത് എന്താണ് നാനാവർണം അതൊരു ഗുണമാണ് അതിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല ഗുണത്തിൽ ക്രിയെ സംഭവിക്കത്തില്ല വസ്തുവിനെ സംഭവിക്കത്തുള്ളു പിന്നെ കാണുമ്പോൾ പശുവിനെ കൊണ്ടുവരും ആനയനം കൊണ്ടുവരാന്ന് വന്ന ക്രിയ ഇവിടെ സംഭവിക്കും വ്യക്തിയിലെ സംഭവിക്കും പശു വരുമ്പോൾ അതിനോടൊപ്പം അല്ലാതെ വർണ്ണത്തിൽ സംഭവിക്കത്തില്ല വർണ്ണത്തിന് കയറുകൊണ്ട് കെട്ടാനോ പിടിച്ചു കൊണ്ടുവരാനോ ഒന്നും സാധ്യമല്ല അപ്പൊ വിശേഷണങ്ങൾക്കല്ല പ്രാധാന്യം മറിച്ച് ആ വിശേഷണം കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ചൈതന്യത്തിനാണ് എന്നാ വിശേഷണം ചെയ്യാം യാാനയനെയും വ്യാപ്രിയതയും വിശേഷണത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല തത്ഹാവി പ്രാപ്തം അതുപോലെ ഇവിടെ സംഭവിക്കാം അത് അത്തന്നിവിടുത്തീർത്ഥം സർവകർമ്മ ഇത്യാദി പുനർവചനം അപ്പോൾ വിശേഷങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിക്കണമോ രാജപുരുഷനെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ രാജാവിനെ കൊണ്ടുവരാൻ കഴിയുന്നില്ല ചിത്രഭൂമി എന്ന് പറയുമ്പോൾ മരണത്തെ കൊണ്ടുവരാൻ കഴിയുന്നില്ല ഇവിടെ സർവഗന്ധ സർവ്വരസ സർവകാമഹ എന്ന് പറയുമ്പോൾ ഈശ്വരീയമായ ഗുണങ്ങളെ പൂർണമായും ഒഴിവാക്കിയിട്ട് കേവലമായ ഈശ്വരനെ ധ്യാനിക്കുക അതാണോ സാധ്യമല്ല ധ്യാനിക്കുന്നതിന് എന്തെങ്കിലും ഒരു വേണം തസ്മാത് മനോമയത്വാദിഗുണവിശിഷ്ട ഏവ ഈശ്വരോദ്യാനിക്കുന്നതിന് ഗുണം വിശിഷ്ടമായ ഒന്നിനെ നിർദ്ദേശിക്കുന്നത് അതേ ധ്യാനിക്കാൻ കഴിയത്തുള്ളു നിർഗുണത്തെ ധ്യാനിക്കാൻ കഴിയത്തില്ല ഗുണവിശിഷ്ടമായ ഈശ്വരനെയും സത്യസങ്കല്പൻ സത്യകാമൻ ഇത്തരത്തിൽ അതിനെ മാത്രമേ ധ്യാനിക്കാൻ കഴിയൂ അതിനുവേണ്ടിയിട്ട് ആ ഗുണങ്ങളോട് കൂടി നിർദ്ദേശിക്കുന്നു ഗുണവിശിഷ്ടയോ ഈശ്വര വിദ്യയോ പരമാർത്ഥം എന്താണോ ഗുണരഹിതനായ ഈശ്വരനാണ് പരമാർത്ഥം അതാ പരമാർത്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും പക്ഷേ ധ്യാനിക്കണമെങ്കിൽ മനസ്സിനൊരു ആലംബനം വേണം നിർഗുണമെന്ന് പറയുമ്പോൾ ധ്യാനിക്കുന്നതിന്റെ എല്ലാ ആലംബനയും ഇവിടെ നിഷേധിക്കുക നിർഗുണമെന്ന് പറയുന്ന ഒരു ഗുണമല്ല നിർഗുണമെന്നുള്ള ഗുണമുള്ള ഈശ്വരനെ ധ്യാനിക്കാൻ പറയുക നിർഗുണം ഗുണത്തിൽ നിഷേധിക്കാൻ വേണ്ടി സർവവിശേഷങ്ങളെയും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ധ്യാനിക്കുന്നതിന് ആലംബം ഒന്ന് വേണ്ടേ മനസ്സിന് അതുകൊണ്ട് സഗുണത്തെ ധ്യാനിക്കാൻ പറഞ്ഞു ഇവിടെ ആലംബമുണ്ട് അതിൽ ധ്യാനിക്കുക അതേവ ഷ്ടസപ്തമിയൂരിവ തീ ആത്മേദ സർവം വിധി നേഹസ്വരാജ്യ അഭിഷിഞ്ചതി യശമ ആത്മാ ബ്രഹ്മ ഏതും ഇതം സ്മീതി ലിംഗാസ്വാത്മശബ്ദേന പ്രത്യേകാത്മ ഏവോചി ഷഷ്ടിയ സംബന്ധാർത്ഥ പ്രത്യത്വം അഭിസംഭവിതാസ്മീതി അതുകൊണ്ടു കൂടെ ആ കേവലമായ നിർഗുണമായ പ്രത്യകാത്മാവിനല്ല നിർദ്ദേശിക്കുന്നത് ഇനി അത് ഓരോ നിർദ്ദേശിക്കുന്നു ഷഷ്ടസപ്തമി വരുവസി ആത്മയ വേദം സർവം അങ്ങനെയല്ല കൂടെ പറയുന്നു തന്നെയാണ് നിർദ്ദേശിക്കുന്നത് അതും ധ്യാനിക്കാവുന്നതാണ് സ്വരാജ്യ അഭിഷഞ്ജതി യശമ ആത്മാ ബ്രഹ്മിതാസ്മിതി ലിംഗാർ ഇന്നത്വ ആത്മശബ്ദേനെ പ്രത്യേകാത്മ അനുഭവിച്ചത് അത്മശ്ദം കൊണ്ട് കേവലം പ്രത്യേകാത്മാവിനെ മാത്രമല്ല പറയുന്നു മറിച്ചുകൂടെ ഈശ്വരനെയാണ് നിർദ്ദേശിക്കുന്നത് സകുണബ്രഹ്മം എന്ന് പറയുന്നത് സഗുണീശ്വരൻ എന്ന് പറയുന്നത് അതിനെയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത് നിർഗുണബ്രഹ്മത്തെയല്ല എന്തിനു ഉപാസനയ്ക്ക് അതാണ് ആവശ്യം മമേലി ഷഷ്ടിയ യഷമേ ആത്മാ അവിടെ പറഞ്ഞു സംബന്ധാർത്ഥ പ്രത്യകത്വ ഏതം അടുത്ത് പറയുന്നു അഭിസംഭവിതാസ്മി അന്ന് പ്രാപിക്കൂ എന്നും മറ്റും പറയുന്നുണ്ട് എന്നാ കർമ്മകർത്തർക്കോ കർമ്മകർത്തർക്കോ നിശ്ചയിത ഇപ്പോൾ സഗുണ ബ്രഹ്മത്തെയും നിർഗുണ ബ്രഹ്മത്തെയും ശ്രുതി നിർദ്ദേശിക്കുന്നുണ്ട് അതിൽ ഉപാസിക്കാൻ ഉദ്ദേശിക്കുന്നത് സഗുണ ബ്രഹ്മത്തെയാണ് അവിടെ ഒരു സംശയം അധ സത്സമ്പദ് സത്സമ്പദ് കാലാന്തരിതീതി തത്വമസി ഉപദേശിക്കുന്നിടത്തും പറയുന്നു സസ്യ താവദേവ ചിരം അവിടെ പോയി ഇത്രയും കാലം കൂടി കാത്തിരിക്കേണ്ടിവരും അധ സത്സംബി പിന്നെ അവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു അവിടെ ഒരു ഇടവേള പറയുന്നുണ്ട് ആദ്യം ബ്രഹ്മത്തെറിയുന്നു പിന്നെ കാത്തിരിക്കുന്നു പിന്നെ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നെല്ലാം പറയുന്നു കാലാന്തരിതത്വം ഒരിടവേള ന ആരബ്ധ സംസ്കാര ശേഷ സ്ഥിതി അർത്ഥപരത്വ എന്ന കാലാന്തരിതാർത്ഥത ജ്ഞാനം പ്രാപിച്ച് കുറച്ച് സമയവും ശരീരനാശം വരെ പ്രതീക്ഷിച്ച് ശരീരനാശത്തിന് ശേഷം മോക്ഷം അതാണോ ഉദ്ദേശിക്കുന്നത് അല്ല പിന്നെ അവിടെ എന്താ ആ കാലവിളമ്പത്ത് കുറയുന്നത് എപ്പോഴാണോ അയാൾക്ക് ജ്ഞാനമുണ്ടായതപ്പത്തന്നെ മുക്തനായി പക്ഷേ ആരധ്യ സംസ്കാര ശേഷസ്ഥിതി അർത്ഥപരത്വം ആരധ്യ സംസ്കാരം അത് ശേഷിക്കുന്നു അതിന്റെ സ്ഥിതി അതിന്റെ നിലനിൽപ്പ് തത്വജ്ഞാനിയാണെങ്കിലും അത് നിലനിൽക്കുന്നു തത്വജ്ഞാനി എന്ന് പറയുന്നവരെ ശരീരത്തോടുകൂടിയിരിക്കുന്ന ഒരാളെ പറയുന്നു ശരീരത്തോടുകൂടിയിരിക്കുന്ന ഒരു ജീവനെയാണ് നമ്മൾ തത്വജ്ഞാനി എന്ന് പറയുന്നത് നല്ല ജീവഭാവം നശിച്ചു അതാണ് ഗുരു എന്ന് പറയുന്നത് ഇപ്പം തത്വജ്ഞാനം മോക്ഷം നമ്മൾ കാലവിളമ്പുണ്ടായിട്ടില്ല ആ തത്വജ്ഞാനത്തിൽ പിന്നെ പ്രാരംഭത്തിനോ സംസ്കാരത്തിനോ ഒന്നും നിലനിൽപ്പില്ല എന്നാലും ഈ ബാഹ്യമായ ഈ ശരീരം ഈ ശരീരത്തിൻ്റെ സ്ഥിതി അതിന്റെ നാശം ഇതെല്ലാം കാണുന്നുണ്ട് തത്വവിജ്ഞാനം നമ്മുടെ ഈ കാഴ്ച അയാളുടെ തത്വവിജ്ഞാനം നശിപ്പിക്കുന്നില്ല നല്ല ശേഷി ആ തത്വവിജ്ഞാനത്തിനില്ല വിളിക്കുന്നു തത്വജ്ഞാനത്തിന് ശേഷമുള്ള ഗുരുവിന്റെ സ്ഥിതിയാണ് പ്രാരബം അത് നിലനിൽക്കുന്നു ആരംഭ സംസ്കാര സൃത്യർത്ഥപ്പെടുത്തുക എന്ന കാലാന്തരിതാർത്ഥത ജ്ഞാനവും മോക്ഷവും തമ്മിൽ ഇടയ്ക്ക് തടസ്സം ഉണ്ടാക്കാവുന്നു പ്രാരം മോക്ഷത്തിന് തടസ്സമല്ല അത് സംഭവിക്കും സംഭവിച്ചു കഴിഞ്ഞു എന്നാലും ഓരോ ഇടവേളയാണ് ശരീരപാകത്തിൽ അതില്ലായിരുന്നുവെങ്കിൽ ഗുരു ഉണ്ടാകുമായിരുന്നില്ല ശാസ്ത്രം ഉണ്ടാകുമായിരുന്നു ഉപദേശമുണ്ടാകുമായിരുന്നു ആ പ്രാരബ്ധം അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല പ്രാരബ്ധെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ശരീരത്തിന് ശരീരത്തിനുപത്തിക്ക് കാരണമായ കർമ്മം അതാണ് അതിനാണ് പ്രാരബ്ധെന്ന് പറയുന്നത് വർത്തമാന ശരീരത്തിന് കാരണമായിരിക്കുന്ന കർമ്മം കർമ്മത്തിന്റെ ഫലമാണ് ശരീരം അപ്പോ തത്വജ്ഞാനിയിലും ആ പ്രാരബ്ധ കർമ്മഫലമായ ശരീരം നിലനിൽക്കുന്നു പക്ഷേ അത് തത്വജ്ഞാനത്തിന് ഫലമായുണ്ടാകുന്ന മോക്ഷത്തിന് തടസ്സമല്ലാത്രയുണ്ട് അ നിലനിൽക്കുന്നുകൊണ്ടാണ് ഗുരു ഉള്ളത് അങ്ങനെ ഒരു ഗുരുവില്ല അതിന്റെ നാശം സംഭവിക്കുന്നെങ്ങനെ ആ കർമ്മത്തിനനുസരിച്ച് പ്രാരബ്ധ കർമ്മത്തിനനുസരിച്ച് അത് നശിക്കുന്നു കർമ്മം എങ്ങനെയാണ് അതിന്റെ നാശത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തുവരുന്നു അത് നശിക്കുന്നു മറിച്ച് തത്വജ്ഞാനം എന്നെ നശിപ്പിക്കുന്നില്ല അതാണ് അവിടെയും മനസ്സിലാകണം എന്താണോ ഈ പറയുന്നത് തത്വജ്ഞാനത്തെ സംബന്ധിച്ചാണ് എല്ലാ ശരീരവും പ്രാരബത്തിന് ഫലമാണ് എല്ലാ ശരീരം ജ്ഞാനിയായി കൊല്ലട്ടെ അജ്ഞാനിയായി കൊല്ലട്ടെ യോഗിയായിക്കൊള്ളട്ടെ ഭക്തനായിക്കൊള്ളട്ടെ ആരായാലും ശരി സർവശരീരവും പ്രാരബ്ധലം തന്നെ എല്ലാ ശരീരങ്ങളെയും നമുക്ക് പറയാം എന്താണത് പ്രാരബ്ധലമാണ് പ്രാരബ്ധലമായത് ആ ശരീരം പ്രാരബ്ധ നാശത്തോടുകൂടി നശിക്കുന്നു ശരി എവിടെ ആയാലും ശരി ജ്ഞാനിയിലായാലും ഭക്തനായാലും അജ്ഞനായാലും എവിടെയാലും ശരീരം നശിക്കുന്നു പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം ശരീര ജന്മത്തിന് കാരണമായ പ്രാരബ്ധം നശിക്കുന്നു ആ പ്രാരബ്ധങ്ങളെ നശിക്കും അതിന്റെ നിമിത്തങ്ങളെല്ലാം വരുമ്പോൾ നശിക്കും ഇവിടെ പറയുന്നത് എന്താണ് തത്വജ്ഞാനത്തിന് അതിനെ നശിപ്പിക്കാൻ ശേഷിയില്ല അത് അതിനെ നശിപ്പിക്കാനുള്ളതല്ല ഞാനാഗ്നി സർവകർമ്മമാണ് ഈ ഭസ്മൃതി ഞാനും സർവ്വകർമ്മങ്ങളെയും നശിപ്പിക്കുന്നു എന്നു പറഞ്ഞാൽ എന്താ താല്പര്യം അവിടെ കാരണം അജ്ഞന്മാരായ ജീവന്മാരിൽ ആ പ്രാരബ്ധകർമ്മം നശിക്കുന്നു ഈ ശരീരം നശിക്കുന്നു പക്ഷേ മറ്റ് പ്രാരബ്ധകർമ്മങ്ങൾ ശേഷിക്കുന്നു അതുകൊണ്ട് വീണ്ടും ശരീരങ്ങളുണ്ടാകും തത്വം ഞാൻ സർവത്തെയും നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് ഒന്ന് സർവകർ കർമ്മജ്ഞ അസത്യമായി ബോധിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റ് പ്രാരബ്ധ കർമ്മങ്ങൾ അങ്ങനെ ഒന്നില്ല വർത്തമാന ശരീരനാശത്തോടുകൂടി സർവ പ്രാരബ്ധങ്ങളോട് ഒടുങ്ങി പക്ഷെ തത്വജ്ഞാനിയിൽ ഈ പ്രാരബ്ധത്തെ അംഗീകരിച്ചേ മതിയാവും എന്തുകൊണ്ടത് തത്വജ്ഞാനി ഞാനിപ്പോ ഉപദേശിക്കുന്നു ഞാനിത്തെ ഉപദേശിക്കണമെങ്കിൽ ഈ കർണങ്ങളിൽ ശരീരമെല്ലാം നിലനിൽക്കണം അത് നിലനിൽക്കണമെങ്കിൽ ജ്ഞാനം കൊണ്ട് അത് നശിക്കാൻ പാടില്ല അതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് തൃത്വജ്ഞാനം ശരീരനാശം പ്രാരബ്ധിത് മൂന്നിനെയും ബന്ധപ്പെടുത്തിയിട്ടാണ് അതിനാണ് പ്രാരബ്ധെന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ അതിനെയും പ്രാരബമെന്ന് പറയാറുണ്ട് ഈ ശരീരത്തിൽ ഇരുന്ന് അനുഭവിക്കുന്ന പ്രാരബ്ധം എന്നതിനെ പറയും പക്ഷെ അത് മുഖ്യമായ അർത്ഥത്തിലല്ല മുഖ്യമായ അർത്ഥത്തിൽ പ്രാരബം എന്ന് പറയുന്നത് എന്താണോ ഈ ശരീര ജന്മത്തിന് കാരണമായ കർമ്മം അതാണ് ഈ ശരീരത്തിൽ ഇന്ന് അനുഭവിക്കുന്ന സ്വതസ്വങ്ങളെല്ലാം അതിനോട് അനുബന്ധിച്ചു വരും പ്രാരബ്ധത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ തത്വവിജ്ഞാനി അങ്ങനെ പറയണ്ടോ കാരണം ആ ഈ ശരീരത്തിൽ ഇരുന്ന് അനുഭവിക്കുന്ന സൂത അതീതനായിരിക്കുന്നു ആ അർത്ഥത്തിൽ പറയും അതിനെ നശിപ്പിക്കുന്നു തത്വജ്ഞാനത്തിന് ആ ശേഷിയുണ്ട് തത്വജ്ഞാനത്തിലൂടെ ആത്മാവിന്റെ നിസ്സംഗതയും മറ്റും ബാധിക്കുമ്പോൾ തത്വജ്ഞാനത്തിലൂടെ പ്രപഞ്ച ബാധ വരുമ്പോൾ അവിടെ പറയും എന്താണോ തത്വജ്ഞാനം കൊണ്ട് ഇതിനേക്കാൾ നശിപ്പിച്ചു അതിന്റെ അർത്ഥം ഒരു തത്വജ്ഞാനിയിൽ നമ്മൾ കാണുന്ന ആ ശരീരം തത്വജ്ഞാനം കൊണ്ട് നശിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല നഗരുവില്ല തത്വജ്ഞാനത്തിൽ തന്നെ നോക്കുക പറയെന്താണോ സർവം നശിച്ചു സർവകർമാണി ഭസ്മസ്കൃതി അതിനൊന്നുശേഷിക്കുന്നു ം അത്ത കുഞ്ഞാനിയിലെവിടെ പ്രാരബ്ദം സഞ്ജിതമന്ത് എവിടെയാണ് എവിടെയാണ് ആഗാമി എന്നല്ല ആചാര്യന്മാർ ചോദിക്കുന്നത് താല്പര്യം അതാണ് മറിച്ച് ഈ ശരീരത്തെ അംഗീകരിക്കുന്നുണ്ടെന്ന് ശരീരത്തെ അംഗീകരിച്ചവരുടെ ശിഷ്യന് കാരണം ഗുരുവിൽ നിന്ന് ഉപദേശം കിട്ടുന്നുണ്ടെന്ന് ആ ശരീരത്തിന് കാരണമായ കർമ്മം ഞാനം കൊണ്ട് നശിച്ചില്ല അതിന്റെ സ്വരൂപേനയുള്ള നാശം സംഭവിക്കുന്നില്ല അതാ അത് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കാര്യമാണ് ജ്ഞാനം കൊണ്ട് സംസ്കാരം അല്ലെങ്കിൽ പ്രാരബ്ധം നശിച്ചുവെന്നും ചിലടത്ത് പറയും നശിക്കുന്നില്ലെന്നും പറയും നശിക്കുന്നു എന്ന് പറയുന്ന യാതർത്ഥത്തിലാണ് നശിക്കുന്നില്ലെന്ന് പറയുന്ന യാതർത്ഥത്തിലാണ് രണ്ടും വ്യക്തമായി മനസ്സിലാക്കണം രണ്ടു തരത്തിലും പറയാം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ അസ്തിത്വത്തെ ബോധിക്കുന്നു അത് ബാധിക്കുന്നു ദുഷ്ടദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ അതില്ലാതാകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അകർമ്മഫലമായി ശരീരത്തോടനവും നുബന്ധമായിരിക്കുന്നതെല്ലാം പ്രകടമായിക്കൊണ്ടിരിക്കും പക്ഷേ തത്വജ്ഞന സംബന്ധിച്ചെന്താണത് നശിച്ചതിന് സമമാണ് അതുകൊണ്ടാണ് പറയുന്നത് പ്രാരത്വം നശിക്കുന്നു എന്ന് പറയുന്നത് അതിന്റെ പ്രതീതിയെ നിഷേധിക്കുകയാണ് ഗുരുവിന്റെ ശരീരം ഗുരുവിന്റെ വ്യവഹാരങ്ങളെല്ലാം ശിഷ്യന് പ്രതീതമാണ് ആ പ്രതീതിയെ തത്വജ്ഞാനം കൊണ്ട് നശിപ്പിക്കുമെന്നല്ല പറയുന്നു ഇന്ന കാലാന്തരിതാർത്ഥത തത്വജ്ഞാനം അതിനുവേണ്ടിയുള്ളതല്ല പ്രാരബ്ധത്തിൽ നശിപ്പിക്കാൻ വേണ്ടിയുള്ള അത് മോക്ഷത്തെ കൊടുക്കാനുള്ളതാണ് അതിലൊരുപാട് വിവാദങ്ങളുമുണ്ട് എങ്ങനെ തത്വജ്ഞാനം പ്രവർത്തിക്കുന്നു ശരീരനാശം എങ്ങനെ സംഭവിക്കുന്നു പ്രാരബ്ധമുണ്ടോ ഇല്ലയോ ഇക്കാര്യങ്ങളിലെല്ലാം ഒരുപാട് ചർച്ചകളുണ്ട് ഇവിടെ ഭാഷകാരം പറയുന്നു ആ ഏകത്വജ്ഞാനത്തിൽ ശരീരം ശേഷിച്ചാൽ അതിനർത്ഥം ആ ജ്ഞാനം ശരീരകാരണമായ പ്രാരബ്ധത്തെ വിരശിപ്പിക്കുന്നതല്ല സ്വരൂപേനുള്ള നാശം സംഭവിക്കുന്നുണ്ട തത്വജ്ഞാനം കൊണ്ട് അതെല്ലാം ബാധിക്കാം എന്നാൽ പിന്നെ സുഖദുഃഖങ്ങളുടെ കാര്യം പ്രാരബ്ധരമായി വരുന്ന സുഖദുഃഖങ്ങൾ അത് സാധാരണ മനുഷ്യരിൽ തന്നെ തത്വജ്ഞാനിയുടെ ദുഃഖം നിവൃത്തിയുള്ള ധാരാളം പറയുന്നു സുഖപ്രാപ്തിക്കുള്ള ഉപായങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം മനുഷ്യന്റെ ഇച്ഛാശക്തി അനുസരിച്ച് സുഖത്തെ പ്രാപിക്കാൻ ദുഃഖത്തോഴുവാം അവിടെ പ്രാരബം എന്ന് പറയുന്നത് ഒരു സാധാരണ കാരണമായി നിൽക്കുന്നു ഒരു ശൈച്ഛ ഒരു ഷക്കൃതി പ്രയത്നം തുടങ്ങിയ അസാധാരണ കാരണങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാല് ദുഃഖത്തെ ഒഴിവാക്കാൻ നമ്മൾ കാണുന്നുണ്ട് ദുഃഖത്തെ ഒഴിവാക്കുന്നത് രോഗം വരുന്ന ദുഃഖം വരുന്ന കഴിക്കുന്നു അത് ദുഃഖം ഒഴിവാക്കുന്നു അത് നമ്മൾ കാണുന്നുണ്ട് ഒരു ക്ഷേത്നം കൊണ്ട് ദുഃഖത്തെ ഒഴിവാക്കുന്നു പ്രാരബ്ധെങ്കിൽ പിന്നെ എങ്ങനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റും അനുഭവിച്ചല്ലേ പറ്റും അങ്ങനെ ഒഴിവാക്കാൻ പറ്റും അനുഭവിക്കുന്നത് പ്രാരബ്ധം കൊണ്ടാണെങ്കിൽ ഒഴിവാക്കുന്ന പ്രാരബ്ധവും വരും അപ്പോൾ അത് ഒഴിവാക്കും അതാണ് പ്രാരബ്ധത്തെ സാധാരണ കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഒഴിവാക്കുന്നതിനുള്ള പ്രാരബ്ധത്തെ ഉപയോഗിച്ചാൽ അത് ഒഴിവാക്കാം അത് പുരുഷ ഇച്ച അതുകൊണ്ട് പ്രാരബ്ധെന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പാടില്ലാത്ത അർത്ഥമല്ല അതിനേത് അർത്ഥം എടുക്കാം ഒഴിവാക്കാം പാടില്ലാത്തതെന്നും എടുക്കാം ഒഴിവാക്കാം എന്നുള്ളതെന്നും എടുക്കാം രണ്ടും എടുക്കാം എന്തുകൊണ്ട് അത് സാധാരണ കാരണമാണ് എല്ലാത്തിനും സഹായമായിരിക്കുന്നു അല്ലെങ്കിൽ പുരുഷ ഇച്ഛയ്ക്കും പുരുഷ യത്നത്തിനൊന്നും അത് ആവശ്യമില്ലാതെ വരും പക്ഷെ അത് ആവശ്യമുള്ളതായി കാണുന്നുണ്ട് പുരുഷ പുരുഷയത്നവും അതുകൊണ്ടെന്തെയും ദുഃഖത്തെ ഒഴിവാക്കാം സുഖത്തെ സമ്പാദിക്കാം രണ്ടു കാര്യത്തിനും പ്രാരബ്ദം എന്ന് പറയുന്ന അനുകൂലമായിരിക്കും എല്ലാത്തിനും സഹായിക്കുന്നതാണ് പ്രാരബ്ധം ഇത് സാധാരണ മനുഷ്യരിലും അങ്ങനെ തത്വവിജ്ഞാനും അതുപോലെ സാധാരണ മനുഷ്യനിൽ തത്വജ്ഞാനമില്ല എന്നുള്ള വ്യത്യാസം മാത്രം ദുഃഖത്തെ ഒഴിവാക്കുന്നതിന് എന്തെല്ലാം ഉപായങ്ങൾ നിർദ്ദേശിക്കുന്നു അതെല്ലാം സ്വീകരിച്ച് ദുഃഖത്തെ ഒഴിവാക്കും പക്ഷെ തത്വജ്ഞാനത്തിന് പ്രാരബത്തെ ഉന്വേഷിക്കുന്നു അങ്ങനെ അത് അതിനു വേണ്ടിട്ടുള്ളതല്ല അതൊന്ന് നശിപ്പിക്കുന്നില്ല അന്യഥ തത്വമസി അർത്ഥ്യ ബാധപ്രസംഗ തത്വമസിന്ന് പറയുന്നത് വ്യർത്ഥമായി തത്വമസി അതാണെന്ന് ബോധിപ്പിക്കുന്നു അതാണെന്ന് ബോധിക്കുന്നു ബോധിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം അവസാനിക്കണമെങ്കിൽ പിന്നെ ഇത് ആരെ ബോധിപ്പിക്കും ആരെ ബോധിക്കും ബോധിക്കാനും ബോധിപ്പിക്കാനുമാണ് ആത്മശബ്ദ പ്രത്യേകാർത്ഥത്വം ബ്രഹ്മേരികൃതം ആത്മാന്തർഹൃദയ ബ്രഹ്മേതിച്ഛതേ ത അന്തർധാനം ഇഷ അപരിത്യജ്യവം ഏതം ആത്മാനം ഇതോ അസ്മാൻ ശരീരാത്രീത്യാ അഭിസംഭവിതാസ്മീ പറയുന്നു ആത്മശബ്ദം സാധാരണ പ്രത്യേകാത്മാവായിട്ടാണ് ഉപയോഗിക്കുന്നത് സർവംഖലിതം ബ്രഹ്മ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രകരണം യേശം ആത്മാന്തർഹൃദയ ഏതത് ബ്രഹ്മ എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിലും ഈശ്വർ അപരിതജ്യ രിത്യജ്യം ഈഷദപരിത്യജ്യ അല്പം ഉപേക്ഷിക്കാദമാത്മാനം ഇതോ അസ്മാത് ശരീര പ്രീത് അഭിസംബോ ബൈദാസ്മി തിപ്തം ഈ ആത്മാവിനെ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറയുന്നതിന്റെ താല്പര്യം എന്താണ് ഉപാസകനെ സംബന്ധിച്ചിടത്തോളം പ്രാപിക്കുക എന്നും മറ്റുമുണ്ട് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അതില്ല പറയുന്നതിന്റെ താല്പര്യം ക്യനാദര ആത്മാന്തർഹൃദയ ബ്രഹ്മം ഇതെ പ്രീത്യ അഭിസംഭവിതീതി യതിരൂപത്മന പ്രതിപത്തംവിധ സാ ഭേ അദ്ധ സത്യമേ സമഹം പരിപ്പം സാമീതി നസിയ ഏതസ്മിൻ അർത്ഥേ കൃതിപലസംബന്ധേ തഥാ ഈശ്വരഭാവം പ്രതിബദ്ധത വിദ്വാൻ ഉക്തമാൻകിലാണ്ടില് മഹിഷി എങ്ങനെയാണോ അവന്റെ സങ്കല്പം നേരത്തെ പറഞ്ഞു അധ്യവസായം അതനുസരിച്ച് അവന് പ്രാപ്തി ഉണ്ടാകുന്നു അങ്ങനെ സ്വർണ്ണ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവൻ ഈ ശരീരത്തിൽ നിന്ന് നിഷ്ക്രമിച്ച് ആ സഗുണബ്രഹ്മത്തെ പ്രാപിക്കുന്നു നിയന്ത്രണബ്രഹ്മത്തെയാണെങ്കിലോ ധ്യാനിക്കുന്നു ഉത്ക്രമണം കൂടാതെ തന്നെ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ മോക്ഷത്തെ പ്രാപിക്കുന്നു ഇത് സണ്ടില്ലെന്ന് പറയുന്ന ഋഷി ഉപദേശിച്ചതാണ് ഋഷിയുടെ ആദരവിന് വേണ്ടി ഇതിനെ ആവർത്തിച്ചിരിക്കുന്നു